എന്നാൽ ഗോത്രങ്ങളുടെ പേരുകൾ അവിത് വടക്കേറ്റം മുതൽ ഹെത്രോൻ വഴിക്കരികെയുള്ള ഹമാരെ വടക്കോട്ട് ദമ്മേശക്കിന്റെ അതിരിങ്കലുള്ള ഹസർ ഏനാനും ഇങ്ങനെ വടക്ക് ഹമാത്തിന്റെ പാർശ്വത്തിൽ കിഴക്കും പടിഞ്ഞാറുമുള്ള ഭാഗങ്ങളായി ഓഹരി ഒന്ന് ദാന്റെ അതിരിങ്കൽ മനശിയുടെ അതിരിങ്കൽ കിഴക്കു ഭാഗം മുതൽ പടിഞ്ഞാറെ ഭാഗം വരെ ഓഹരിങ്കൽ യഹൂദയുടെ അതിരിങ്കൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറെ ഭാഗം വരെ ഇരുപത്തയ്യായിരം മുഴം വീതിയും കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറെ ഭാഗം വരെയുള്ള മറ്റേ ഓഹരികളിൽ ഒന്നിനെ പോലെ നീളവും ഉള്ളത് നിങ്ങൾ അർപ്പിക്കേണ്ടുന്ന വഴിപാടായിരിക്കണം വിശുദ്ധ മന്ദിരം അതിന്റെ നടുവിൽ ആയിരിക്കണം നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടുന്ന വഴിപാട് ഇരുപത്തയ്യായിരം മുഴൻ നീളവും പതിനായിരം മുഴം വീതിയും ആയിരിക്കണം ഈ വിശുദ്ധ വഴിപാട് പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം അത് വടക്ക് ഇരുപത്തയ്യായിരം മുഴൻ നീളവും പടിഞ്ഞാറ് പതിനായിരം മുഴം വീതിയും കിഴക്ക് പതിനായിരം മുഴം വീതിയും തെക്ക് ഇരുപത്തയ്യായിരം മുഴം നീളവും ഉള്ളത് തന്നെ യഹോവയുടെ വിശുദ്ധ മന്ദിരം അതിന്റെ നടുവിൽ ആയിരിക്കണം അത് എന്റെ കാര്യവിചാരണ നടത്തുകയും ഇസ്രായേൽ മക്കൾ തെറ്റിപ്പോയ കാലത്ത് ലേവ്യർ തെറ്റിപ്പോയതുപോലെ തെറ്റിപ്പോകാതിരിക്കുകയും ചെയ്ത സാദോക്കിന്റെ പുത്രന്മാരായി വിശുദ്ധീകരിക്കപ്പെട്ട പുരോഹിതന്മാർക്കുള്ളതായിരിക്കണം അങ്ങനെ അതവർക്ക് ലേവ്യറുടെ അതിരിങ്കൽ ദേശത്തിന്റെ വഴിപാടിൽ നിന്ന് ഒരു വഴിപാടും അതിപരിശുദ്ധവുമായിരിക്കണം പുരോഹിതന്മാരുടെ അതിരിനൊത്തവണ്ണം ലേവ്യർക്കും ഇരുപത്തയ്യായിരം മുഴം നീളവും പതിനായിരം മുഴം വീതിയുമുള്ള ഒരംശം ഉണ്ടായിരിക്കണം ആകെ ഇരുപത്തയ്യായിരം മുഴം നീളവും ഇരുപതിനായിരം മുഴം വീതിയും തന്നെ അവർ ഒട്ടും വിൽക്കരുത് കൈമാറ്റം ചെയ്യരുത് ദേശത്തിന്റെ ആദ്യഫലമായ ഇത് അന്യർക്ക് കൈവശം കുടുക്കയുമരുത് അത് യഹോവയ്ക്ക് വിശുദ്ധമല്ലോ എന്നാൽ ഇരുപത്തയ്യായിരം മുളം വീതിയിൽ ശേഷിച്ചിരിക്കുന്ന അയ്യായിരം മുഴം നഗരത്തിന് വാസസ്ഥലവും വെളിമ്പ്രദേശവുമായ സാമാന്യ ഭൂമിയും നഗരം അതിന്റെ നടുവിലും ആയിരിക്കണം അതിന്റെ അളവ് ആവിത് വടക്കേ ഭാഗം നാലായിരത്തഞ്ഞൂറും തെക്കേ ഭാഗം നാലായിരത്തഞ്ഞൂറും കിഴക്കേ ഭാഗം ഞ്ഞൂറും പടിഞ്ഞാറെഭാഗം നാലായിരത്തഞ്ഞൂറും മുളം നഗരത്തിനുള്ള വെളിംപ്രദേശമോ വടക്കോട്ട് ഇരുന്നൂറ്റമ്പതും തെക്കോട്ട് ഇരുന്നൂറ്റമ്പതും കിഴക്കോട്ട് ഇരുന്നൂറ്റമ്പതും പടിഞ്ഞാറോട്ട് ഇരുന്നൂറ്റമ്പതും മുഴം എന്നാൽ വിശുദ്ധ വഴിപാടിന് ഒത്തനീളത്തിൽ കിഴക്കോട്ട് പതിനായിരവും പടിഞ്ഞാറോട്ട് പതിനായിരവും മുഴം ശേഷിപ്പുള്ളത് വിശുദ്ധ വഴിപാടിനൊത്തവണ്ണം തന്നെ ആയിരിക്കണം അതിന്റെ അനുഭവം നഗരത്തിലെ കൃഷിക്കാരുടെ ഉപജീവനം ആയിരിക്കണം ഇസ്രയേലിന്റെ സർവഗോത്രങ്ങളിലും നിന്നുള്ളവരായ നഗരത്തിലെ കൃഷിക്കാർ കൃഷി ചെയ്യണം വഴിപാടിടം മുഴുവനും ഇരുപത്തയ്യായിരം നീളവും ഇരുപത്തയ്യായിരം വീതിയും ആയിരിക്കണം നഗരസ്വത്തോടു കൂടെ ഈ വിശുദ്ധ വഴിപാടിടം സമചതുരമായി നിങ്ങളർപ്പിക്കണം ശേഷിപ്പോ പ്രഭുവിനുള്ളത് ആയിരിക്കണം വിശുദ്ധ വഴിപാടിടത്തിനും നഗരസ്വത്തിനും ഇപ്പുറത്തും അപ്പുറത്തും വഴിപാടിടത്തിന്റെ ഇരുപത്തയ്യായിരം മുഴത്തിനെതിരെ കിഴക്കെ അതിരിങ്കിലും പടിഞ്ഞാറ് ഇരുപത്തയ്യായിരം മുഴത്തിനെതിരെ പടിഞ്ഞാറെ അതിരിങ്കിലും ഗോത്രങ്ങളുടെ കോഹരികൾക്കൊത്തവണ്ണം തന്നെ ഇത് പ്രഭുവിനുള്ളതായിരിക്കണം വിശുദ്ധ വഴിപാടിടവും വിശുദ്ധ മന്ദിരമായ ആലയവും അതിന്റെ നടുവിൽ ആയിരിക്കണം പ്രഭുവിനുള്ളതിന്റെ നടുവിൽ ലേവർക്കുള്ള സ്വത്തുമുതൽക്കും നഗര സ്വത്തുമുതൽക്കും യഹൂദയുടെ അതിരിനും ബെന്യാമീന്റെ അതിരിനുമിടയിൽ ഉള്ളത് പ്രഭുവിനുള്ളതായിരിക്കണം ശേഷമുള്ള ഗോത്രങ്ങൾക്കോ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ബെന്യാമീനെ ഓഹരി 1 ബെന്യാമിന്റെ അതിരിംഗൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ശിമയോനെ ഓഹരി 1 ശിമയോന്റെ അതിരിംഗൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ ഇസഖാറിനെ ഓഹരി 1 ഇസഖാറിന്റെ അതിരിംഗൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറേ ഭാഗം വരെ സെബൂലുനെ ഓഹരി 1 സെബൂലുന്റെ അതിരിംഗൽ കിഴക്കേ ഭാഗം മുതൽ പടിഞ്ഞാറെ ഭാഗം വരെ ഗാദിന് ഓഹരി ഒന്ന് ഗാദിന്റെ അതിരിങ്കൽ തെക്കോട്ട് തെക്കേ ഭാഗത്ത് അതിർ താമാർ മുതൽ മെരീബത്ത് കാതേശ് വെള്ളം വരെയും മിസ്രൈൻ തോടുവരെയും മഹാസമുദ്രം വരെയും ആയിരിക്കണം നിങ്ങൾ ചീട്ടിട്ട് ഇസ്രയേൽ ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭാഗിക്കേണ്ടുന്ന ദേശം ഇതുതന്നെ അവരുടെ ഓഹരികൾ ഇവ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നഗരത്തിന്റെ പരിമാണമാവിത് വടക്കുഭാഗത്തെ അളവ് നാലായിരത്തഞ്ഞൂറ് മുഴം നഗരത്തിന്റെ ഗോപുരങ്ങൾ ഇസ്രയേൽ ഗോത്രങ്ങളുടെ പേരുകൾക്ക് ഒത്തവണ്ണമായിരിക്കണം വടക്കോട്ട് മൂന്ന് ഗോപുരം രൂപന്റെ ഗോപുരം ഒന്ന് യഹൂദയുടെ ഗോപുരം ഒന്ന് ലേവിയുടെ ഗോപുരം ഒന്ന് കിഴക്കുഭാഗത്ത് നാലായിരത്തഞ്ഞൂറ് മുഴം ഗോപുരം മൂന്ന് യോസഫിന്റെ ഗോപുരം ഒന്ന് ബെന്യാബിന്റെ ഗോപുരം ഒന്ന് ദാന്റെ ഗോപുരം ഒന്ന് തെക്കുഭാഗത്തെ അളവ് നാലായിരത്തി അഞ്ഞൂറ് മുഴം ഗോപുരം മൂന്ന് ഷിമയോന്റെ ഗോപുരം ഒന്ന് ഇസഹാറിന്റെ ഗോപുരം ഒന്ന് സെബുലുവിന്റെ ഗോപുരം ഒന്ന് പടിഞ്ഞാറഭാഗത്ത് നാലായിരത്തി അഞ്ഞൂറ് മുഴം ഗോപുരം മൂന്ന് ഖാദിന്റെ ഗോപുരം ഒന്ന് ആശേരിന്റെ ഗോപുരം ഫ്താലിയുടെ ഗോപുരം ഒന്ന് അതിന്റെ ചുറ്റളവ് പതിനെണ്ണായിരം മുഴുവൻ അന്നുമുതൽ നഗരത്തിന് യഹോവ ഷമ യഹോവ അവിടെ എന്ന് പേരാകും